സിദ്ധസൂപീനേശ്വരീ ശിവസമാരംഭാ സംഭ ദക്ഷിണമെം തസ്യം ഭൂതംഭവിഷ്യം ഓംകാരൃകാതീതം തദപ്യോകാര ब्रह्मा ब्रह्मा यम ജാഗരികീപേകോനവിശതിമുഖു വൈശ്വാനര പ്രഥമ പദ സ്വപ്നോനവിശതി മുഖു എത്രമം കാമയത്തിന തത്സുക്തം സുഷുപാനീഭൂത പ്രജ്ഞാനഘനൈവാനന്ദമയോനന്ദ ചേമുഖപ്രാജ്സ്തൃതീയ പദ शसर्वियस्य ईशसरोवर्यो योन दियमी ईशाय मुनिहि सवस्य प्रभावं तेहुहि भूतानां लो प्रज्ञं न गृहे प्रज्ञो भेगो प्रज्ञं ദൃശ്യമ്യവഹാരം അഗ്രാഹ്യം അലക്ഷണമചിന്വദേശ്യം ഏകാമൃസാരം പ്രപഞ്ചോവശം ശാന്തം ശിവം അത്വൈതം ചതു മഞ്ഞ സാത്മാേഹ ജാഗരസ്ഥാനോ വൈശ്വാനരോ അഥമ മാത്ര ആപണോതിർമാൻ ആലിശോ സ്വപ്നസ്ഥാനത്തൈജസ ഉോ ദ്യാത്ര ഉകർഷാ ഹേവാൽ വ ഉത്കർഷരിഹ വൈ ജ്ഞാനസുന്ദരിം സമാനശ്ചോതി നമവിഭൂതി എന്ന ശുദ്ധസ്ഥാന പ്രോമകാരതൃതീയാത്രപീതിർവാ വിനോദിഹ വർ അപീതിശം വേദ മാത്രോ വ്യവഹാരി പ്രപഞ്ചോശമസോ അദ്വൈതം ഓംകാര ആത്മേന സംവിശതി ആത്മന ആത്മാനം വേദ ോം സർവാഭിവിഗതമുത സുപ്രശാന്സൃജ്യോതി സമാധിരചലോഭയാ അനാമകത്വാദിക്താർത്ഥസിദ്ധയെതുഹ കഴിഞ്ഞ കാര്യം പറഞ്ഞു അനാമം എന്നെല്ലാം പറയൻ നാമരഹിതനായും രൂപരഹിതനായും ഇരിക്കുന്നു അതിനെന്താ യുക്തി ഏതെന്തുകൊണ്ടാണോ സംസാരിക്കുന്നത് അതാണ് അഭിലാപം എന്ന് പറയുമ്പോൾ വാക്കായി വാഗേന്ദ്രിയുടെ അഭിലാപം എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം സർവപ്രകാര സർവരീതിയിലുമുള്ള അഭിദാനം ശബ്ദപ്രയോഗം അതിനുപകരണമായിരിക്കുന്നതാണ് വാക്ക് എന്ന കാരണം തസ്മാവിഗത അതില്ലാത്തവൻ ൻ വാക്കു മാത്രം ഗ്രഹിച്ചാൽ പോരാ വാഗത്തിൽ ഉപലക്ഷണാർത്ഥ സർവാഹ്യ വർജിത എത്തിയത് വാക്കെന്ന് പറയുന്നത് നമ്മുടെ ഉപലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനെ കൂടി ഗ്രഹിക്കണം ഒന്നുമില്ലാത്തവൻ യും ആ തത്വ ഞന്റെ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണ് അവനും സർവകർണങ്ങളും പ്രവർത്തിക്കുന്നുവെങ്കിലും പരമാർത്ഥത്തിൽ അവന് ഒരു കർണങ്ങളോട് സംബന്ധമില്ല അതാണ് സർവകരണ വർജിതൻ എന്ന് പറഞ്ഞത് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഗുണാ ഗുണേശ്വർ തന്റെ ഇതിമത്വാന സജ്ജതേ ആശയം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത് കർണങ്ങൾ അതാതിന്റെ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നു അതേസമയം ആ തത്വജ്ഞൻ ഞാനീ കരണരഹിതനായിരിക്കുന്നു തഥാ സർവചിന്താസമുത്തിത ചിന്തിക്കുന്ന ബുദ്ധി അന്ധകർണം ചിന്തിക്കുകയും അന്ധകരണം കൊണ്ടുള്ള പ്രവൃത്തികൾ നേരത്തെ ബാഹ്യകർണങ്ങളൊക്കെ പറഞ്ഞു ബാഹ്യകർണങ്ങൾ കൊണ്ട് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു അന്ധകരണത്തെ കൂടാതെ ബാഹ്യകർണങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അന്ധകരണവും പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു ചിന്തയും സ്മരണയും എന്നാൽ അവൻ അന്ധക്കരണ വർജിതനായിരിക്കുന്നു അന്ധക്കരണ ശുഭവണ പറഞ്ഞിട്ടുള്ളതാണ് എന്താണോ അവൻ പുരാണരഹിതനാണ് സൂക്ഷ്മ ശരീര മനസ്സില്ല കേവല സത്സ്വരൂപനാണ് അക്ഷരാ അക്ഷരത്തിന് അപ്പുറമാണ് യസ്മാരവ് വിശേഷപരിചിതയെ കുറിച്ച് പറയും സാധാരണ ജീവന്മാരുടെ മനസ്സും പ്രവർത്തിച്ച് അവന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു ഇവിടെ തത്വജ്ഞൻ കർണങ്ങളും മനസ്സും പ്രവർത്തിച്ചാൽ സ്ഥോലും സൂക്ഷ്മവും എല്ലാം നിലനിന്നാലും അവന്റെ നല്ല അതിനപ്പുറമാണ് പരതഹ പരം ക്ഷരത്തിന് പരം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാവുന്നുള്ളത് ചിന്തയെത്തുന്നതുവരെ പരം എന്ന് പറയാം പക്ഷെ പരത്തിനും പരമാണെന്ന് പറയുമ്പോ അജ്ഞന്റെ ചിന്തയ്ക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല അതിന് എങ്ങനെ പറയാം സുപ്രശാന്ത എന്നെ പറയാൻ പറ്റും അത് പൂർണമായും പ്രശാന്തമാണ് പൂർണമായും പ്രശാന്തമായ നിലയാണത് ജ്ഞാനിയുടെ ആത്മനിഷ്ഠ പ്രശാന്തമാണ് എന്നർത്ഥം അപ്പൊ കർണവും ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ എങ്ങനെ പ്രശാന്തമാകും സഹൃത് ജ്യോതി സദൈവജ്യോതി ആത്മചൈതന്യസ്വരൂപയാണ് അവൻ സ്ഥിതി ചെയ്യുന്നത് ആത്മചൈതന്യസ്വരൂപത്തിലാണ് കഴിഞ്ഞ ദിവസം സകൃത് വിഭാഗം എന്നുള്ളത് വിശദീകരിച്ചാണ് അങ്ങനെ സദാ ആത്മ ചൈതന്യ സ്വരൂപത്തിൽ നിൽക്കുന്നതുകൊണ്ട് മനസ്സ് പ്രവർത്തിക്കാം മനസ്സിന് ഉദയസ്തമാനങ്ങളെല്ലാം വരാം വന്നുകഴിഞ്ഞാൽ അവൻ പ്രശാന്തനായി തന്നെ ഇരിക്കുന്നു എന്നർത്ഥം മനസ്സ് ചലിക്കുന്നതുകൊണ്ട് ഒരു ജ്ഞാനിയുടെ ജ്ഞാനനിഷ്ഠയെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ജ്ഞാനയുടെ ജ്ഞാനനിഷ്ഠയിൽ മനസ്സ് ചലിക്കാം അതാണ് മുഖ്യം മനസ്സ് ചലിക്കാതിരിക്കണമെന്നില്ല പക്ഷേ അവൻ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു മനസ്സിന്റെ ചലനങ്ങൾക്കനുസരിച്ച് ചലനം ഇല്ലാത്തവനായി സ്ഥിതി ചെയ്യുന്നു പ്രശാന്തനായിരിക്കുന്നു സമാധി സമാധി നിമിത്ത പ്രജ്ഞാവഗമ്യത്വ എന്തുകൊണ്ടാണ് അവനത് കഴിയുന്നത് സമാധി ഹേതുവായിട്ടുള്ള പ്രജ്ഞയാൽ സ്വസ്വരൂപത്തെ അവൻ അറിഞ്ഞിരിക്കുന്നു സാക്ഷാത്കരിച്ചിരിക്കുന്നു സമാധി നിമിത്തമായ പ്രജ്ഞ സമാധി എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്താണ് സമാധാനം എന്നും പറഞ്ഞു മനസ്സിന്റെ ഏകാഗ്രത അതാണ് സമാധി ആ മനസ്സിന്റെ ഏകാഗ്രത നിമിത്തമായിട്ടുള്ള പ്രജ്ഞ ജീവൻ സാധാരണ പ്രജ്ഞയുണ്ടത് വിക്ഷിപ്തമായ പ്രജ്ഞ മനസ്സ് നാനാ വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് വിക്ഷിപ്തമാകുന്നു ആ പ്രജ്ഞ കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നു ഇവിടെ എന്താണ് ഏകാഗ്രമായിരിക്കുന്നു മനസ്സ് അതിന്റെ അഗ്രം വിഷയം ആത്മാവ് തന്നെ ആയിരിക്കും ഏകമായിരിക്കും ആത്മാവ് എന്നെ തന്നെ വിഷയമാക്കുന്ന പ്രജ്ഞ ആ പ്രജ്ഞയിലൂടെ പ്രകാശിക്കുന്നത് ആത്മസ്വരൂപമാണ് സദൈവജ്യോതി ആത്മചൈതന്യസ്വരൂപം ആത്മചൈതന്യസ്വരൂപമാണ് പ്രകാശിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനിക്കാം രണ്ടു തരത്തിൽ ഏതിനർത്ഥം പറയാം എന്ന് ഭാഷ സമാധി എന്നാ പറഞ്ഞിരിക്കുന്നത് അവന്റെ സ്ഥിതിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സമാധി ആത്മനിഷ്ഠയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സമാധിരചന എന്ന് പറഞ്ഞിരിക്കുന്നത് സമാധിരചലോ അഭയ എന്ന് പറഞ്ഞിരിക്കുന്നു അവൻ സമാധിയാണ് അവൻ അചലനാണ് അവൻ അഭയനാണ് എന്ന് പറയുന്നു ഇതെല്ലാം ആത്മാവിന്റെ വിശേഷണമാണ് ആത്മാവിനെയും പറയാം സമാധി അതാണ് അടുത്ത് പറയുന്നത് സമാധിയത് അസ്മിന്യതിവാ സമാധി സമ്യക്കായി ആധാനം ചെയ്തിരിക്കുന്നു ഇതിൽ അതുകൊണ്ട് ഇതിന് സമാധി എന്ന് പറയുന്നു ആത്മാവിനെ ആത്മൻ ചെന്ന ആത്മാവിനും അന്യമല്ല അതുകൊണ്ടിവിടെ സമാധി എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ് ആത്മാവെന്ന് അവൻ സമാധിയാണ് എന്തുകൊണ്ടവന്റെ മനസ്സ് അതിൽ നിന്നും ഭിന്നമല്ല അജ്ഞന്റെ മനസ്സ് പോലെ അത് വിഷയരൂപത്തിലുള്ള സ്ഥിതി ചെയ്യുന്നു അജ്ഞന്റെ മനസ്സെപ്പോഴും വിഷയരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു നാമരൂപാത്മകമായി സ്ഥിതി ചെയ്യുന്നു നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു അതിനനുസരിച്ച് മനസ്സിൽ പരിണാമം സംഭവിക്കുന്നു അവിടെ രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും എല്ലാം സംഭവിക്കുന്നു അതാണ് എന്റെ മനസ്സ് ഇവിടെ സമാധി തന്റെ മനസ്സിലും ഇത് സംഭവിക്കുന്നു പക്ഷെ അവന്റെ മനസ്സ് സ്വയം സമാധി തന്നെയായിരിക്കും ഏതെന്തിനിലാണോ സർവവും നിലനിൽക്കുന്നത് അത് തന്നെ സമാധി അവന്റെ മനസ്സ് തന്നെ സ്വയം ആ സമാധിയായിരിക്കുന്നു പറഞ്ഞൊന്നും അത് ആത്മ സ്വരൂപത്തിൽ നിന്ന് അന്യമായി നിൽക്കുന്നില്ല ആത്മ സ്വരൂപമായി തന്നെ പ്രകാശിക്കുന്നു അല്ലെങ്കിൽ ആ മനസ്സിന്റെ പാരമാർത്ഥിക ഭാവം തന്നെയാണ് ആത്മാവ് അതടുത്ത് പറയും യോഗത്തെ സ്വീകരിക്കുന്നവർ മനസ്സിന് വേറെ അന്യമായവർ മനസ്സിനെ കണ്ടിട്ട് അവിടെ യോഗത്തെ അനുഷ്ഠിക്കുന്നു ഇവിടെ ജാനീ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിന്ന് അന്യമായി പ്രപഞ്ചമേ ഇല്ല പ്രപഞ്ചം പോലും തന്നിൽ നിന്ന് അന്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെ മനസ്സന്യമാകും മനസ്സന്യമല്ല മനസ്സ്വരൂപം തന്നെ അതുകൊണ്ടിവിടെ രണ്ടു തരത്തിൽ പറയാം ഒന്നുകിൽ ആ മനസ് ആത്മാവിനെ വിഷയമാക്കിയിരിക്കുന്നു ചില മനസ്സ് ആത്മസ്വരൂപത്തിൽ പ്രകാശിക്കുന്നു എന്ന് പറയാം അതാദ്യം പറഞ്ഞത് ആത്മാവനം വിഷയമാക്കിയിരിക്കുന്നു ഏകാഗ്രമായ മനസ്സിന് ആത്മാവിഷയമായിരിക്കുന്നു ദൃശ്യത ബുദ്ധിയ ശ്രദ്ധിക്കും അതിസൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് എന്ന് പറയും പക്ഷേ മുമ്പ് പറഞ്ഞു എന്താണത് ഗ്രഹണം ഗ്രാഹകൻ എന്നുള്ള അവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവവുമായി നിൽക്കുന്നത് അതുകൊണ്ട് അത് തന്നെ സമാധി ആത്മാവിനെ സംബന്ധിച്ചുള്ള സമാധിയല്ല ആത്മാവ് സ്വയം സമാധിയായിരിക്കുന്നു അങ്ങനെയും പറയാം രണ്ടിന്റെയും താൽപ്പര്യം ഒന്ന് പറഞ്ഞു ഒരിടത്തെന്താണോ ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നിനെയും കാണുന്നു മറ്റിടത്ത് അങ്ങനെണ്ട ആത്മാനുഭവത്തെക്കുറിച്ച് പറയും ആത്മാനുഭവം എന്ന് പറയുമ്പോഴും അനുഭവ സ്വരൂപമായ ആത്മാവ് അത് ത്രിപുടി രൂപത്തിലുള്ള അനുഭവമല്ല സാധാരണാനുഭവത്തിൽ അങ്ങനെ വേണം അറിയുന്നവൻ അറിയപ്പെടുന്നവൻ ആരും അങ്ങനെ മൂന്ന് വേണം ആത്മാനുഭവം അങ്ങനെയല്ല എന്തുകൊണ്ട് അത് ആത്മസ്വരൂപം തന്നെ ആത്മാനുഭവം ആത്മാനുഭവം അനുഭവ സ്വരൂപം തന്നെ കാരണം സ്വയം പ്രകാശിക്കുന്ന ജ്ഞാനസ്വരൂപമാണ് അതുകൊണ്ട് അതിന്റെ അനുഭവം എന്ന് പറയുന്നത് വിഷയാനുഭവം പോലെയാണ് അതിന് ത്രിപുരയുടെ ആവശ്യം അതിന്റെ മറ മാറി സ്വയം പ്രകാശിക്കുന്ന ആ രീതിയിലും പറയാം അതുകൊണ്ട് ആത്മാവിന്റെ അനുഭവം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാലും ആത്മാവ് സ്വയം അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാലും അതിന്റെ താൽപ്പര്യം ഒന്ന് രണ്ടു തരത്തിലും മേഖലയിൽ മാധി എന്ന് പറയുന്നത് ഒരു താല്പര്യം അതാണ് അച്ചലഹ അവിക്രയഹ അത് വികാരരഹിതനായി നോക്കുന്നു മനസ്സിന്റെ വികാരമല്ല എന്നുള്ളത് ഇപ്പോൾ വികാരൂപത്തിലിരിക്കുന്ന മനസ്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏകാഗ്രപ്പെടുക എന്ന് പറയുമ്പോൾ അതും മനസ്സിന്റെ വികാരമാണ് ഏകാഗ്രത എന്ന് പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ് മനസ്സിന്റെ വൃത്തിയാണ് പക്ഷെ ഇവിടെ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സർവവും ആത്മാവാണ് ആത്മാവിൽ നിന്ന് അന്യമായി വികാരപ്പെടുന്ന ഒന്നുമില്ല സർവവും നിരവികാര സ്വരൂപമാണ് അതുകൊണ്ട് അച്ഛലൻ അവിക്രിയനായിരിക്കുന്നു അതേവ അഭയോ വിക്രിയാഭാവ അഭയസ്വരൂപനായിരിക്കുന്നു ദ്വൈതമുള്ളടത്ത് ഭേദമുണ്ട് ഭേദമുള്ളടത്ത് മനസ്സിന് ഭയ ഭയസമ്പാദ്യം സംഭവിക്കും ഇവിടെ അദ്വയത്തിൽ ദ്വൈതം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടവൻ അഭയസ്വരൂപനായിരിക്കുന്നു അവിടെ വിക്രിയയില്ല വികാരങ്ങളില്ല അതുകൊണ്ട് അഭയനായിരിക്കുന്നു എന്ന് വികാര അഭാവത്തെ ഹേതുവായി പറഞ്ഞിരുന്നു ഇതും ആത്മനിഷ്ഠന്റെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു അപ്പൊ ആത്മനിഷ്ഠയെ ഊഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു ആത്മനിഷ്ഠ ശബ്ദപ്രമാണത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ മറ്റൊരു പ്രമാണത്തിലൂടെയും ആത്മനിഷ്ഠയെ ഗ്രഹിക്കാൻ കഴിയത്തില്ല ശബ്ദപ്രമാണത്തെ ആശ്രയിച്ച് ശ്രുതി അനുസരിച്ച് വേണം ദ്രോഹിക്കാം അതിനുവേണ്ടി ഇവിടെ പറയുകയാണ് സർവാഭിലാപവിഗത സർവചിന്ത സമുദ്ധിത സുപ്രശാന്ത സഹൃജ്യോതി സമാധിരജ ലോഭയാ ग्रहो विद्यते ഗ്രഹോ തർ ചിത്തെ ആത്മസംസ്ഥം ത യസ്മാ്രഹ്മ സമാധിർ ചോ അഭയുക്തം അതോ തസ്മിൻ ബ്രഹ്മണി ഗൃഹോ ഗ്രഹണോപാദാനം നവസർഗ ഉത്സർജ്ജനം സമാധിർ ആ ചല അഭയാം എന്താണ് സമാധി ബ്രഹ്മൈവ സമാധി ഇവിടെ ബ്രഹ്മം തന്നെയാണ് സമാധി എന്ന് പറയുന്നത് ബ്രഹ്മത്തെ കണ്ടെത്താനുള്ള സമാധിയല്ല അവിടെ സമാധി എന്ന് പറയുന്ന സ്വയം ബ്രഹ്മം തന്നെയാണ് എന്തുകൊണ്ട് ബ്രഹ്മത്തിന്റെ സ്വഭാവം തന്നെ സമാധാനമാണ് അത് വിക്ഷേപരഹിതമാണ് ശാന്തമാണ് അചലമാണ് അഭയമാണ് അതുകൊണ്ട് തസ്മിൻ ബ്രഹ്മണി ആ ബ്രഹ്മത്തിൽ ഗ്രഹഗ്രഹണം ഉപാദാനം നൌസർഗൌസർജനം ഹാനം വാർത്ത അവിടെ ഗ്രഹണവും ത്യാഗവുമില്ല സ്വീകരിക്കാനും ഉപേക്ഷിക്കാനുമില്ല എന്നത് ഗീതയിലത് പറഞ്ഞിട്ടുണ്ട് നദ്വേഷ്ഠി നാംക്ഷി ദ്ദേശിക്കുന്നില്ല കംസിക്കുന്നില്ല ആ ബ്രഹ്മനിഷ്ഠയിൽ അവിടെ ത്യാഗത്തിൽ നിന്നും പ്രസക്തി ഇതാണത് ത്യജിക്കാനൊന്നുമില്ല ഗ്രഹിക്കാനുമൊന്നുമില്ല അത് ബാഹ്യമായിട്ടുമില്ല ആന്തരികമായിട്ടുമില്ല മനസ്സുകൊണ്ടെന്തിനെങ്കിലും ഗ്രഹിക്കുക മനസ്സുകൊണ്ട് എന്തിനെങ്കിലും ധരിക്കുക അങ്ങനെയൊന്നും എന്തുകൊണ്ട് തന്നിൽ നിന്ന് അന്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ധരിക്കാൻ പറ്റും പുറമെയായാലും മനസ്സുകൊണ്ടായാലും സർവവും താനായി തന്നെ ഇരിക്കെ സർവവും തന്നോട് അഭിന്നമായിരിക്കെ എന്തിനും ഉപേക്ഷിക്കാനാണ് ത്യാഗമില്ല എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മുടെ മനസ്സിൽ എന്നാൽ സ്വീകരണം ഉണ്ടായിരിക്കുമോ ഗ്രഹിക്കേണ്ടി വരുമോ പലരും അങ്ങനെ പറയും ഒന്നും ത്യജിക്കാനില്ല അതുകൊണ്ടെല്ലാം ഗ്രഹിക്കാം അതല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നു ഇവിടെ ഗ്രഹണത്തിനും ഉപാദാനത്തിനും അപ്പുറമുള്ള സ്ഥിതിയെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ലോകത്തിൽ കാണുന്ന എന്താണ് രണ്ടു കൂട്ടരാണ് ഒരു കൂട്ടരെല്ലാം ഗ്രഹിക്കുന്നു ഒന്നും വിടുന്നില്ല അവരെ നമ്മൾ ൗകികന്മാരെന്ന് പറയും അവരെല്ലാം പിടിക്കുന്നു ഒന്നും അവർക്ക് വിടാൻ വയ്യ ജോലി ഉപാധാനമാണ് സ്വീകരണമാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവർ ഒരുപാട് സമ്പാദിക്കുന്നു ഐഹികമായത് സമ്പാദിക്കുന്നു പാരലൗകികമായി സമ്പാദിക്കുന്നു ഭൗതികമായത് സമ്പാദിക്കുന്നു ആന്തരികമായ സംസ്കാരത്തെ സമ്പാദിക്കുന്നു അവിടെയൊക്കെ ഉപാധാനമാണ് കാണുന്നത് ആത്മീയവാദികളിതിനു എതിരാണ് അവരെന്ത് ചെയ്യുന്നു അവർ ത്യാഗം സർവിക്കുന്നു അതാണ് നമ്മൾ കാണുന്നത് അവർക്കതൊന്നും വേണ്ട ഇതിനും വലിയ മോക്ഷത്തിനു വേണ്ടി അതിനോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ നിസ്സാരമൊന്നു കരുതുന്ന ലൗകികമായ സർവത്തിനെയും തിരിക്കുന്നു ഈ രണ്ട് വഴിയാണ് നമ്മൾ കാണുന്നത് ജീവന്മാർ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അതിന് സ്വീകരണത്തിന്റെ മാർഗത്തിലാണ് കൂടുതൽ പേര് ത്യാഗത്തിന്റെ മാർഗത്തിൽ വളരെ കുറച്ച് പേര് പക്ഷെ ബ്രഹ്മനിഷ്ഠൻ മാർഗത്തിലുള്ള ലക്ഷ്യത്തിലാണ് അതുകൊണ്ട് ഈ ഒരു മാർഗത്തെ സ്വീകരിക്കുന്നില്ല ത്യാഗത്തിന്റെ മാർഗത്തെയും സ്വീകരിച്ചിട്ടില്ല ഗ്രഹണത്തിന്റെ മാർഗത്തെയും സ്വീകരിച്ചിട്ടില്ല അതിനതീതമായ ഒരു നില എന്ന് പറയുന്നത് ഗ്രഹിക്കാൻ പ്രയാസമാണ് നമ്മളൊരാളെ ബ്രഹ്മജ്ഞാനി എന്ന് വിലയിരുത്തുന്നത് ചിലപ്പം അയാളുടെ മാർഗത്തെ കണ്ടിട്ടായിരിക്കും അയാൾ ത്യാഗത്തിന്റെ മാർഗത്തെ സ്വീകരിച്ചിരിക്കുന്നു പറയുന്നു അയാൾ വിരഗ്ധനാണ് വൈരാഗിയാണ് അയാൾ ഒന്നിന്റെയും പിറകെ പോകുന്നില്ല സമ്പത്തിന്റെ പിറവി പോകുന്നില്ല യശസ്സിന്റെ പിറകെ പോകുന്നില്ല അങ്ങനെ ഒന്നിനും പുറകെ സഞ്ചരിക്കാത്തോണ്ടയാളെ കുറിച്ച് നമ്മൾ പറയുന്നയാൾ ജ്ഞാനിയാണ് ഒരു ജ്ഞാനിക്കുക ആത്മനിഷ്ഠന് മാത്രമേ അങ്ങനെ ഇരിക്കാൻ കഴിയുന്നുള്ളൂ അതൊന്നും ജ്ഞാനനിഷ്ഠയുടെ അടയാളങ്ങളല്ല ത്യാഗത്തെ ഒരിക്കലും ഒരു നിലയായി എടുക്കാൻ ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് അതിന് മഹത്വമുണ്ട് ഉപായമെന്നുള്ള നിലയ്ക്ക് അതുകൊണ്ട് ഒരാൾക്കെന്തുണ്ട് എന്തില്ല എന്ന് നോക്കിയിട്ടല്ല അതുകൊണ്ട് നനെ മനസ്സിലാക്കേണ്ടത് ഒരു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം മുഴുവൻ തന്റേതാവാം ഈ പ്രപഞ്ചം മുഴുവൻ തന്റേതല്ലാതെ രണ്ടിനും ഉപരിയാണ് ഗ്രഹണത്തിനും ത്യാഗത്തിനും ഉപരിയാണ് അതാണ് പാരമാർത്ഥികമായ നില അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ത്യാഗവും മറ്റും മാർഗത്തിന്റെ അടയാളങ്ങളാണ് അവിടെ ലക്ഷ്യം പ്രകടമാകുന്നില്ല അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ ഉത്സർഗ ഉത്സർജ്ജനം ഹാനം വാവിദ്യ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ബാഹ്യമായ ഒരു ചേഷ്ടയിലൂടെയും ഒരു തത്വജ്ഞനെ നമുക്ക് അളക്കാൻ കഴിയത്തില്ല അയാളെന്നല്ല അതിനൊക്കെ ഉപരിയാണോ എത്ര ഹീ വിക്രിയ തദ്വിഷയത്തുമ്മാത്ര ഹാനുപാധാനേ സാധാരങ്ങളുള്ളിടത്ത് അവിടെ ഹാനുപാദാനങ്ങൾ വരാം ആ വികാരങ്ങളുടെ വിഷയം ഉള്ളിടത്ത് ധാനോപാദാനങ്ങൾ വരാം നിക്രിയാത്തദ്വിഷയത്തും അത് സംഭവിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ അതൊക്കെ സംഭവിക്കും ഒരാൾക്ക് ഗ്രഹിക്കണമെങ്കിലും അന്യമായ ഇതിനെ കുറിച്ചുള്ള ബോധം വേണം ത്യജിക്കണമെങ്കിലും അന്യമായതിനെ കുറിച്ചുള്ള ബോധം വേണം അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ പറയുന്നു ആധ്യാത്മിക ജീവിതത്തിൽ ഇന്നതിന്നതെല്ലാം തടസ്സമാണ് അതുകൊണ്ട് അതിനെയെല്ലാം ഉപേക്ഷിക്കുന്നു ചില പറയുന്നു കർമ്മം തടസ്സമാണ് ചില പറയുന്നു അറിവ് തടസ്സമാണ് ചില പറയുന്നു ലൗകികമായ ബന്ധനങ്ങൾ തടസ്സമാണ് ചിലർക്കത് സമ്പത്തും യശസ്സും എല്ലാം തടസ്സമാണ് അതിനെയെല്ലാം ഭൗതികം ലൗകികം എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുന്നു അയാൾ അവിടെയെല്ലാം വികാരങ്ങളെ കാണുന്നു അവിടെയൊന്നും അയാൾക്ക് ആത്മാവിനെ ദർശിക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം എന്താണ് തുരിയന്റെ ചിത്തസ്പന്ദനാണെന്ന് പറഞ്ഞു തുരിയന്റെ ചിത്ത വിഷയങ്ങളാണിത് മനോവിഷയങ്ങളാണ് മനോവിഷയങ്ങളായി ഇതിനെയെല്ലാം കാണുമ്പോൾ ഒന്നിനിതിനെല്ലാം ഗ്രഹിക്കണമെന്ന് തോന്നുന്നു നല്ല ആത്മീയവാസനയാണെങ്കിൽ ഇതിനെല്ലാം ഉപേക്ഷിക്കണമെന്ന് തോന്നുന്നു അതാണ് വിക്രിയാത്ത വിഷയത്വം വിഷയത്വം എന്ന് പ്രത്യേകം പറയുന്നതുകൊണ്ട് ചിലതിനെ നമ്മൾ ഗ്രഹിക്കും മറ്റു ചിലതിനെ സംബന്ധിച്ച് ഗ്രഹിക്കണമെന്ന് ആഗ്രഹം കാണും പക്ഷെ ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല അതുപോലെ തന്നെ ത്യാഗത്തിലും ചിലതിനെ ത്യജിക്കും പക്ഷേ മറ്റു ജനനെ സംബന്ധിച്ച് ആഗ്രഹം മാത്രമേ കാണൂ ത്യജിക്കാൻ ആഗ്രഹിക്കും പക്ഷെ തിജിക്കാൻ കഴിയത്തില്ല ഈ ഒരു നിലയിൽ മനസിന്റെ നിലയിൽ ചിത്തസ്പന്ദനത്തിന്റെ നിലയിൽ ചിത്തത്തിന്റെ വികാരവും ചിത്തത്തിന്റെ വിഷയവും ഈ നിലയിൽ ധാനോപാദാനേ സാദാം അവിടെ ഈ ധാനോപാദാനങ്ങൾ ജീവന്മാരിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും പല ജീവന്മാരിൽ പലതരത്തിൽ സംഭവിക്കും ഒരുവൻ ലൗകികനായും ഒരുവൻ ആത്മീയനായും ഒരേ ജീവനിൽ തന്നെ ഇത് എല്ലാം സംഭവിക്കും അയാൾ ചിലപ്പോൾ ഭൌതികനായും ചിലപ്പോ ആത്മീയഭാവത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നും പരമാർത്ഥമല്ല ഇന്ന തദ്വമിഹ ബ്രഹ്മണി സംഭവതി ഇവിടെ തത്വ തത്വജ്ഞൻ ആത്മസ്വരൂപന്ത അവനില്ലതൊന്നും സംഭവിക്കുന്നില്ല കാംക്ഷതീ ഇവിടെ പറഞ്ഞു അന്യമായ ഒന്നിനെ അവൻ അനുകൂലമായി കാണുന്നില്ല അന്യമായി ഒന്നിനെ അനുകൂലമായി കണ്ടാൽ അത് ആഗ്രഹിക്കും അന്യമായ ഒന്നിനെ അവൻ പ്രതികൂലമായും കാണുന്നില്ല അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അവൻ അതിനെ വിദ്വേഷിക്കും ധരിക്കാൻ വിദ്വേഷം കൂടാതെ ത്യാഗം സാധ്യമല്ല ഉപേക്ഷിക്കണമെങ്കിൽ ആദ്യം ദ്വേഷിക്കും അല്ലാതെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല സ്വീകരിക്കണമെങ്കിൽ ആദ്യം അതിനെ കാണും കാക്ഷിക്കാതെ സ്വീകരിക്കാനും സാധ്യമല്ല തദ്വയം ഇഹ ബ്രഹ്മണി സംഭവത ആത്മജ്ഞനെ പറയുന്നു അവനിലൊന്നും സംഭവിക്കുന്നില്ല ഇതെല്ലാം ചിത്ത വികാരങ്ങളാണ് ചിത്തസ്പന്ദനമാണ് എന്നറിയുന്നവന് ഇത്തരത്തിലുള്ള വികാരങ്ങളുണ്ടാകുന്നില്ല എന്നർത്ഥം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികാരങ്ങളോടവന് താതാത്മ്യമില്ല വികാരങ്ങൾ അതിന്റെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഒന്നും അവന്റേതല്ല എന്നറിയും സർവത്തെയും അവൻ തന്നിൽ അനന്യമായി കാണുന്നു താൻ തൻ്റെ തന്നുള്ള ഭേദം കൂടാതെ കാണുന്നു അതാണ് അനന്യമായി കാണുക അതുകൊണ്ട് ബ്രഹ്മണിന് അസംഭവതി അവനും ഒന്നും സംഭവിക്കുന്നില്ല തത്വജ്ഞനൻ സർവവും അനന്യമായി കാണുകയാണെങ്കിൽ വ്യവഹാരം എങ്ങനെ സംഭവിക്കും ചില ചോദിക്കും അന്യഭാവം കൂടാതെ താൻ ആത്മനിഷ്ഠനാണ് ഇവിടെ പറഞ്ഞ ശാന്തനാണ് മുക്തനാണ് സർവത്തെയും അപ്പോൾ താൻ മുക്തനായി തന്നെ കാണും ബന്ധനസ്ഥനായ ശിഷ്യനോട് എങ്ങനെ ഉപദേശിക്കും അതിന് തത്വജ്ഞൻ അഭേദമായി കാണും തത്വജ്ഞന്റെ അന്യത്വ ബോധം എങ്ങനെയാണ് അത് തന്റെ സ്ഥത്തിൽ കൽപ്പിതമായ രീതിയിൽ കൽപ്പിതമായ രീതിയിൽ എന്തും അന്യമാകാം കൽപ്പിതമായ രീതിയിൽ അന്യമാകുന്നതുകൊണ്ട് അവിടെ ദുരിതം സംഭവിക്കുന്നു മരൂ ജലഭ്രാന്തി ഉണ്ടുള്ളത് അവിടെ ജലം സംഭവിക്കുന്നു ആ ജലം കൊണ്ട് ഊശ്വരഭൂമിക്ക് ഈർപ്പുകൾ സംഭവിക്കുന്നില്ല ആ ജലം കൊണ്ട് കാണുന്നവൻ അവന്റെ ദാഹം അകറ്റുന്നവൻ അത് അവനെ സംബന്ധിച്ചെന്താണ് ആ ജലം നിഷ്പ്രയോജനമാണ് അതിനെ കാക്ഷിച്ചിട്ട് കാര്യമില്ല ദേഷ്യിച്ചിട്ടും കാര്യമില്ല എന്നെ കാക്ഷിച്ചതുകൊണ്ടെന്താ പ്രയോജനം അവന്റെ സത്യം മനസ്സിലാക്കിയവൻ ദേഷിച്ചിട്ടെന്താ പ്രയോജനം സത്യത്തെ ഗ്രഹിക്കുന്നവൻ അതുകൊണ്ട് രണ്ടും പ്രയോജനമില്ല എന്നാൽ അവൻ ആ ജലത്തെ കാണുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കാണുന്നു തന്നിൽ ആരോപിതമായി പറയുന്ന ഇതിന്റെ മനസിന്റെ കൽപ്പനയാണ് ചിത്ത വികാരമാണല്ലെങ്കിൽ ചിത്തത്തിന്റെ വിഷയമാണെന്ന് കാണും ആരോപിതമായി കാണുന്നതുകൊണ്ട് സത്യമായി കാണുന്നതിന്റേതായ യാതൊരു പരിണാമങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് സത്യമായി കണ്ടാൽ വരുന്ന എന്താണോ ജലം സത്യമായി കാണുന്നു അജ്ഞനാണോ അവൻ കാണുന്നത് അവൻ അതുകൊണ്ട് അവന്റെ പിപ്പാസ നിവൃത്തി പോലെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു ദാഹശമനം പോലെയുള്ള കാര്യങ്ങൾ വ്യാവഹാരികമായി സത്യമായി തന്നെ സംഭവിക്കുന്നു ആരോപിതമായി കാണുന്നവനല്ലോ ഇതൊന്നും സംഭവിക്കുന്നില്ല അവനു കാക്ഷ ദ്വേഷങ്ങളൊന്നുമില്ല അതുപോലെ ഗ്രഹണത്യാഗങ്ങളൊന്നും ബ്രഹ്മനിഷ്ഠനിൽ സംഭവിക്കുന്നില്ല ആത്മജ്ഞനൽ സംഭവിക്കുന്നില്ല എന്നടുത്തു അവനതിനെ അന്യമായി കാണുന്നുവെങ്കിൽ ആരോപിതമായി കാണുന്നു അല്ലെങ്കിൽ അഭേദമായി കാണുന്നു അഭേദമായി കാണുമ്പോൾ സർവവും പാരമാർത്ഥികമായി കാണുന്നു സർവവും സത്യമായി തന്നെ കാണുന്നു സർവത്തെയും കാണുന്നു രണ്ടായ ശരി തദ്വമിഹ ബ്രഹ്മണി ന സംഭവ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന തന്നിൽ ഗ്രാഹ്യ ത്യാജ്യങ്ങളൊന്നും കാണുന്നുണ്ടേതോ നിരവയവ അവനെ സംബന്ധിച്ച് വികാരഹേതുക്കളായ അന്യങ്ങളൊന്നുമില്ല ഏകവും അദ്വീപവുമായ പരമാർത്ഥ സത്യമാണ് താൻ എന്ന് ബോധിച്ചിരിക്കുമ്പോൾ ആ സത്യത്തിൽ അദ്വയത്തിൽ അന്യം എങ്ങനെ സംഭവിക്കും അന്യമില്ലാതെ എങ്ങനെ അവനിൽ വാസ്തവമായ വികാരങ്ങൾ എങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ അവനെ ബന്ധിക്കത്തക്ക വികാരങ്ങൾ എങ്ങനെ സംഭവിക്കും എന്ന് പറയുമ്പോൾ കർപ്പിതമായതെന്ത് സംഭവിക്കും മരുമരീചിലും ജലത്തിന്റെ ഓളം വെട്ടാം തരംഗങ്ങളുണ്ടാകാം മനസ്സിനെ ബാധിക്കുന്നില്ല സത്യത്തെ ബോധിച്ചവൻ അവനൊരിക്കലും അതിലിറങ്ങി നീന്തി തുടിക്കണമെന്നൊന്നും ആഗ്രഹം തോന്നത്തില്ല ആ ജലം കുടിച്ച ദാഹം ശ്രമിപ്പിക്കാവുന്ന തോന്നില്ല വികാരഹേതു അന്യസ്യഭാവം അത് അവിടെ വികാരഹേതുവായ അന്യമില്ല അജ്ഞൻ ജലം കാണുന്നിടത്ത് അങ്ങനെയല്ല വികാരഹേതുവായ അന്യമുണ്ട് നിരവയവത്തുവാച്ച അവിടെ എന്താണ് താൻ മാത്രമേ ഉള്ളൂ അറിയുന്നു കേവലം ആ മരുഭൂമി മാത്രമേ അവിടെ കാണുന്ന മറ്റ് വികാരങ്ങളൊന്നും അവിടെ ഇല്ല അതുപോലെ താൻ നിരവയവനാണ് തന്നിൽ വികാരങ്ങളില്ല എന്നവൻ ബോധിക്കുന്നു അതോത്ര ഹാനോപാദാന അവിടെ ഹാനോപാദാനങ്ങളില്ല എന്നു കടന്നു പറയുന്നു എന്താണ് ചിന്ത യഥ്യത അവിടെ ചിന്തയില്ല എന്ന് പറയുന്നു ചിന്തയില്ലാതിരിക്കുക എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിന്തിക്കാതെ എങ്ങനെ സംസാരിക്കാൻ പറ്റും ഇവിടെ എന്താണ് ഇവിടെ ഗുരുവ് സംസാരിക്കുകയാണ് നമ്മളെ ബോധിപ്പിക്കുകയാണ് ചിന്ത എത്രണോ വിദ്യ ഇതിലൊരു വൈരുദ്ധ്യമില്ല ചിന്തിക്കാതെ പറയാൻ എങ്ങനെ കഴിയും ചിന്തിച്ച് പറയുമ്പോൾ ചിന്തിക്കുന്നില്ല എന്നിങ്ങനെ പറയാൻ കഴിയും അതുകൊണ്ട് ചിലത് കരുതുന്ന എന്താണ് ചിന്ത യത്തുന്ന വിദ്യതെന്ന് പറയുന്നത് വേദമൊരു അനുഭവത്തെ കുറിച്ച് പറയുകയാണ് ആ അനുഭവം എന്ന് പറയുന്നത് ചിന്തയെല്ലാം നിരോധിച്ചിരിക്കുന്ന സമാധിയെ കുറിച്ചാണ് പറയുന്നത് ചിന്തയില്ലാതിരിക്കുന്നതിന് സമാധി വേണമെന്നില്ല ഉറക്കം മതി ചിന്തയില്ല ആർക്കും പറയാം ചിന്ത ഉയർത്തുന്ന വിദ്യത അവിടെ ചിന്തയില്ല അതിന് കഷ്ടപ്പെട്ട് സമാധി വരെ പോകേണ്ട കാര്യമില്ല ഇവിടെ ആത്മനിഷ്ഠന്റെ നിലയിൽ പറയുകയാണോ അവിടെ ചിന്തയില്ല നേരത്തെ പറഞ്ഞല്ലോ സുപ്രശാന്ത സഹൃജ്യോതി സുപ്രശാന്തനെന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താണ് അവിടെ ചിന്തയില്ല ആത്മജ്ഞനനും ചിന്തയില്ല അപ്പോൾ പിന്നെ ആത്മജ്ഞന്റെ വാക്കുകളും വികാരങ്ങളും ഒക്കെയോ അത് ചിന്തയില്ലായ്മയിലുള്ള ചിന്തകളാണ് ഫലത്തിനില്ലാത്തവയാണ് എന്നറിയാം എങ്ങനെ ആഭരണങ്ങൾ ഇല്ലാതിരിക്കെ തന്നെ ആഭരണങ്ങൾ നിലനിൽക്കുന്നത് പോലെ മൃതത്തിൽ പാത്രങ്ങളില്ലാതിരിക്കെ തന്നെ പാത്രങ്ങൾ നിലനിൽക്കുന്നതുപോലെ അവിടെ നോക്ക് രണ്ടും പറയാം നൃത്തായി നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ നൃത്തം മാത്രമേ ഉള്ളൂ ഇല്ല തന്നെ അതിൽ നിന്ന് വേറിട്ടൊരാൾ കാണുകയാണെങ്കിലും അയാളെ സംബന്ധിച്ച് അവിടെ പാത്രങ്ങളുണ്ട് ആഭരണങ്ങളും ഉണ്ട് പക്ഷെ ആഭരണങ്ങളില്ലാത്തൊരു നിലയുണ്ട് ആർക്കാണ് സുവർണത്തിന് അതിന് ആഭരണങ്ങളില്ലാത്ത ഒരു നിലയുണ്ട് മൃത്തിനുണ്ട് വികാരങ്ങളില്ലാത്തവരെന്താണ് വികാരപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതുമ്പോഴും മൃത്തിന് സ്വയം ബോധം കൊണ്ടെന്താണോ അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ മൃത്തിന് പറയാം മൃത്ത് മാത്രമേ ഇവിടെയുള്ളൂ രണ്ടാമതൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെന്താ അവിടെ ഉള്ളത് നാമരൂപങ്ങൾ അത് ആരോപിതമാണ് കൽപ്പിതമാണ് ഇവിടെ ചിന്തയില്ല എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം പരമാർത്ഥത്തിൽ അവിടെയില്ല കൽപ്പിതമായി ആരോഗ്യതമായി എന്തുകൊണ്ടാവാം അതും ഒരു വസ്തുവിന്റെ ഉണ്മയ്ക്ക് ഹേതുവല്ല അതുകൊണ്ടൊരു വസ്തുവിന് വാസ്തവത്തിലുള്ള ഉണ്മ ലഭിക്കുന്നില്ല കൽപ്പിതമെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വാസ്തവത്തിലുള്ള ഉണ്മയില്ലാത്തതെന്നാണ് അപ്പോ ഇവിടെ തത്വജ്ഞൻ ശിഷ്യോപദേശം ചെയ്യുന്നു ഗ്രന്ഥരചന ചെയ്യുന്നു ധർമ്മസംഗ്രഹപ്രവൃത്തി ചെയ്യുന്നു മഠത്ത് സ്ഥാപിക്കുന്നു ഇത്തരം സർവ വ്യവഹാരങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവനൽ വ്യവഹാരങ്ങളൊന്നും തന്നെ പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ചിന്തയും പരമാർത്ഥത്തിലല്ല അതുകൊണ്ട് പറയുന്നു ചിന്ത യർവപ്രകാര ചിന്താനു സംഭവതീ ഒരു തരത്തിനും അവിടെ ചിന്ത സംഭവിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരമാർത്ഥ ചിന്തക്ക് അവിടെ ഇടമില്ല എന്നു ആത്മാവിനെക്കുറിച്ച് പറയുന്ന ചിന്ത അത് സത്യമായി കൂടിയ കാരണം ആത്മാവ് സത്യമാണ് അസത്യമായ ജഗത്തിൻ അസത്യമായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അസത്യമാകാം പക്ഷേ പരമാർത്ഥമായ ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളോ പറയുന്നു പരമാർത്ഥം ആത്മാവ് മാത്രം ആത്മാവിനെക്കുറിച്ചൊന്നും പരമാർത്ഥമായിട്ട് നൽകുന്നുണ്ട അതുകൊണ്ട് സത്യത്തെ സംബന്ധിച്ചാലും അസത്യത്തെ സംബന്ധിച്ചാലും അവിടെ ചിന്ത നിലനിൽക്കുന്നില്ല എത്ര അമനസ്ത് അത് നമ്മൾ വിശദീകരിച്ചാണ് അമിനീഭാവം അമിനീഭാവത്തിൽ എങ്ങനെ ചിന്ത നിലനിൽക്കും അജ്ഞന്റെ മനസ്സു പോലെ അജ്ഞന്റെ ഉള്ളിൽ ചിന്ത നിലനിൽക്കുന്നു ആ ചിന്ത വൻ ലഭിക്കുന്നു ആ ചിന്ത അവനെ സംബന്ധിച്ച് അത് വികാരമാണ് ആ വികാരം കൊണ്ട് അവന്റെ അന്ധകരണം നിക്ഷുബ്ധമാകുന്നു ഇതൊക്കെ അജ്ഞനെ സംബന്ധിച്ച് സംഭവിക്കും പക്ഷെ എത്ര അമനസ്തമാണ് ഇവിടെ പറയുന്നു അവിടെ അമനസ്ത്വമാണ് അവിടെ ചിന്തയേയില്ല വികാരങ്ങളേയില്ല അത് മൃത്തുപോലെയും സ്വർണം പോലെയും സ്ഥിതി ചെയ്യുന്നു അവിടെ എങ്ങനെ ആസ്ഥാനത്ത് വികാരങ്ങൾ നിലനിൽക്കും അങ്ങനെ ചിന്തയില്ലാത്തിടത്ത് ഉദത്ത് അത്ര ഹാനുപാധാനം അവിടെ ഹാനുപാദാനങ്ങൾ എങ്ങനെ സംഭവിക്കും അതിലും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ പറയുന്നെന്താണ് ഉപായങ്ങളെ ഒന്നും ഉപേയമായി കരുതാൻ മാർഗത്തെ ഒന്നു ഒരിക്കലും ലക്ഷ്യമായി കരുതരുത് പരമാർത്ഥനില ഒരിക്കലും അതിന്റെ ആ നിലയെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങളല്ല രണ്ടും രണ്ടാണ് അതുകൊണ്ട് പരമാർത്ഥത്തിൽ ചിന്തയില്ലാതിരിക്കുക ചിന്ത ഉണ്ടാകാം അതിന് ദോഷമില്ല അത് പരമാർത്ഥമാകില്ലെന്നേ ഉള്ളൂ കാൽപ്പനികമായി ആരോഗ്യതമായി ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കാമെങ്കിൽ പിന്നെ ചിന്തക്കെന്താ നിലനിൽക്കാൻ വയ്യാത്തത് അജാതി ജാതി വർജിതം ജനിവർജിതം ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ചിന്ത വരണം ഗ്രഹണം വരണം ത്യാഗം വരണം ഇതെല്ലാം വരണമെങ്കിൽ എന്ത് വേണം അവിടെ ജന്മം സംഭവിക്കണം അഹംബുദ്ധിജനിക്കണം മനസ്സിന്റെ ജന്മം ഉണ്ടാവണം പ്രപഞ്ചത്തിന്റെ ജന്മം ഉണ്ടാവണം തത്വജ്ഞൻ അജാതിയാണ് ജനി വർജിതനാണ് ജനി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് പറയുന്ന വികാരങ്ങളൊന്നുമില്ല ജന്മാതി ഷഡ്ഭാവ വികാരങ്ങളും അവിടെയില്ല സമതാംഗതം പരം സാമ്യം ആപന്നം ഭവതി അതിനെക്കുറിച്ച് ഇത്രയേ പറയാനുള്ളു എന്താണോ അവൻ സമ്മതയെ പ്രാപിച്ചിരിക്കുന്നു ഏകത്വത്തെ പ്രാപിച്ചിരിക്കുന്നു പരം സാമ്യത്തെ പ്രാപിച്ചിരിക്കുന്നു സമ്മതശാന്തി എന്നതെല്ലാം പറയുമ്പോൾ സാധാരണ മനസ്സിനും അതൊക്കെ ഏത് മനസ്സിനും അത് വന്നേ കൂടും നമ്മളൊരു മനസ്സശാന്തമാണെന്ന് പറയുമ്പോഴും അവിടെ ശാന്തി കടന്നു വരും കാരണം പ്രപഞ്ചം ദ്വന്ദ്വാത്മകമാണ് പഞ്ചഭൂതങ്ങൾ ദ്വന്ദ്വാത്മകമാണ് പഞ്ചഭൂതകാര്യമാണ് മനസ്സ് മനസ്സിന് ഒരേ തരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല അത് ശാന്തമായാൽ അത് അശാന്തവുമാകും അശാന്തമായാൽ അത് ശാന്തവുമാകും അതിന്റെ ദൈർഘ്യത്തെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പക്ഷേ ഒന്നിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല നമ്മളങ്ങനെ കരുതുകയാണ് എന്താണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും സമത്വത്തിൽ നിർത്താം എപ്പോഴും ശാന്തിയിൽ നിർത്താം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ അബദ്ധമാണ് എന്തുകൊണ്ട് ശാന്തി എങ്ങനെയാണോ മനസ്സിന്റെ സ്വഭാവമായിരിക്കുന്നത് അതുപോലെ അശാന്തിയും മനസ്സിന്റെ സ്വഭാവമാണ് എന്തുകൊണ്ട് സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളുടെ സൃഷ്ടിയാണ് മനസ്സെന്ന് പറയുന്നത് അത് സാത്വികഭാവത്തിലേക്ക് പോയാൽ സമതയെ പ്രാപിക്കും രജസ് രജോഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അസ്വസ്ഥയെ പ്രാപിക്കും അങ്ങനെയുള്ള ഒരു മനസ്സിനെ ഒരു യോഗിക്കും സമത്വത്തിന് നിലനിർത്താൻ പറ്റത്തില്ല സാധാരണക്കാരന്റെ കാര്യം പോട്ടെ അങ്ങേയറ്റം യോഗിക്കെന്ത് ചെയ്യാൻ പറ്റും സമാധിയിൽ കൊണ്ടുവന്ന മനസ്സിനെ ബലാത്കാരമായി പിടിച്ചു പക്ഷേ സമാധി വിട്ടാലോ അത് വിക്ഷിപ്തമാകും അത് പിന്നെ അശാന്തിയിലേക്ക് വരും അതുകൊണ്ട് ആശാന്തി ാമ്യം എന്ന് പറയുന്നത് ഭൌതികമായ ഒന്നിന് സാധ്യമില്ല മനസ്സിന് സാധ്യമ എന്നാലും മനസ്സ് കൂടുതൽ അശാന്തമാകുമ്പോൾ നമ്മൾ മനസ്സിന്റെ ശാന്തി ആഗ്രഹിക്കുന്നു അതിനുള്ള ഉപായങ്ങളെ അന്വേഷിക്കുന്നു അതിലൂടെ നമ്മൾ കുറെയൊക്കെ മനസ്സിന്റെ ശാന്തി കൈവരിക്കുന്നു പക്ഷേ അശാന്തി മനസിന്റെ സ്വഭാവമാണെന്ന് തിരിച്ചറിവ് ആണ് വാസ്തവത്തിൽ ശാന്തി കൊടുക്കുന്നത് അല്ലാതെ അശാന്തിയെ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങളല്ല അശാന്തിയെ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങളാണ് വാസ്തവത്തിൽ മനസ്സിനെ കൂടുതൽ അശാന്തമാക്കുന്നത് അതൊരു വാസ്തവമാണ് യോഗ പഠിപ്പിക്കുന്ന സാറും യോഗ പഠിക്കുന്ന കുട്ടിയും അശാന്തരാണ് രണ്ടുപേരും പറയുന്ന ശാന്തിയെ കുറിച്ചാണ് രണ്ടുപേർക്കും അറിയത്തില്ല എന്തായാലും ശാന്തി എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ടാണിത് പഠിപ്പിക്കുന്നത് അറിയാത്തത് കൊണ്ടാണിത് പഠിക്കുന്നത് അത് സാധ്യമല്ല അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുന്നവർ പറയട്ട് എഴുന്നേറ്റ് എന്റെ മനസ്സ് ശാന്തമാണ് ഒരു സ്വർണ മെഡൽ കൊടുക്കാം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല എന്റെ മനസ്സ് ശാന്തമാണെന്ന് എന്തുകൊണ്ട് മനസ്സ് ഭൗതികമാണ് അതൊരിക്കലും ശാന്തമാകത്തില്ല മനസ്സുള്ളിടത്തോളം കാലം ശാന്തമാകത്തില്ല അടുത്തു പറയും ഭാഷ കാരണം മനസ്സിനെ അന്യമായി കണ്ടുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നവനാണ് യോഗി അതൊരിക്കലും ശാന്തമാകത്തില്ല അങ്ങനെയാണെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടിവരും അഗ്നിക്ക് അതിന്റെ സ്വഭാവമായ ഉഷ്ണത്തെ പിടിയേണ്ടി വരും ജലത്തിന് അതിന്റെ സ്വഭാവത്തെ പിടിയേണ്ടി വരും ഭൂമിക്ക് സ്വഭാവത്തെ പിടിയേണ്ടി വരും ആകാശത്തിനും വായുവിനുമെല്ലാം അതാത് സ്വഭാവങ്ങളെ വിഴിയേണ്ടി വരും അത് വെടിഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതെ അത് നിലനിൽക്കുകയെ അതിന്റെ സ്വഭാവത്തെ വിടുക എന്ന് പറയുന്ന സാധ്യമാണ് അത് ഭൗതികമാണ് ഭൗതികമായെല്ലാം ദ്വന്ദ്ത്മകമാണ് അതുകൊണ്ട് ഒരിക്കലും അതിനെ ശാന്തമാക്കാൻ പൂർണമായും ശാന്തമാക്കാൻ സാധ്യമല്ല കുറേയൊക്കെ ശാന്തമാക്കാം അത് കുറെ ഒക്കെ അശാന്തമായേ അതുകൊണ്ട് എന്ത് പറയുന്നു അത്തരമൊരു ശാന്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നു നമ്മൾ സാധാരണക്കാരെ പറയുന്ന മനഃശാന്തിയെ കുറിച്ചല്ല പിന്നെയോ പരം ആ പരമമായ ശാന്തി അത് അത് പരമമായിരിക്കുന്ന ആത്മസ്വരൂപത്തിലത് ശാന്തമാകും മനസിന്റെ സ്വരൂപത്തിൽ അതിന് ശാന്തമാകാൻ പറ്റത്തില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ തുര്യേന് തന്നെ സ്പന്ദിക്കാതിരുന്നാൽ മതിയായിരുന്നു ഈ തുര്യന്റെ പറയുന്നുണ്ടല്ലോ ഈ തുരിയന്റെ സ്പന്ദനമാണ് ഈ പ്രപഞ്ചം ഈ കോലാഹലം ഈ സംസാരം എല്ലാവരും ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ തുര്യന് സ്പന്ദിക്കാതിരുന്നാൽ പോലെ ഈ സംസാരമില്ലല്ലോ ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള ചിന്തക്ക് പിന്നെ അവസരമുണ്ടാകത്തില്ലായിരുന്നോ എന്തിനേത്തിരിയെ സ്പന്ദിച്ചു എന്തിനു പിന്നീട് അസ്പന്ദതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് രണ്ട് തലത്തിൽ ഈ ചോദ്യങ്ങളുടെ തലത്തിൽ ഇവൻ സ്പന്ദനമൊഴിഞ്ഞവനൊരു നിലയിൽ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു ആ നിലയിൽ നിന്നുകൊണ്ട് ഇതിനെ അസ്പന്ദമാക്കാൻ സാധ്യമല്ല മനസ്സിനെ ശാന്തമാക്കാൻ സാധ്യമല്ല ചോദിക്കും എന്തെങ്കിലും പുതിയ തിയറി പറയുകയാണല്ലോ ഇവിടെ ഭാഷകാലം പറയുന്ന കാര്യമാണ് എന്താണോ ഈ പരവുമായ സാമ്യം എന്ന് പറയുന്ന ഒന്നു അസ്പന്ദമായത് അവന്റെ തനതായ നിലയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പിടിച്ചുകെട്ടുന്ന നിലയല്ല അതുകൊണ്ടാണ് യോഗിക്ക് ഒരിക്കലും ശാന്തി പ്രാപിക്കാൻ കഴിയാത്തത് അസ്പന്ദമായ നില പറയുന്ന ആത്മനിഷ്ഠ അതാണ് പരവുമായ ശാന്തി ആ പരവുമായ ശാന്തി അതവന്റെ സ്വരൂപനിലയാണ് അവിടെ എന്തുകൊണ്ടാ പരമമായ ശാന്തി പ്രാപിക്കുന്നു അവിടെ അവനിൽ നിന്ന് അന്യമായി മനസ്സില്ല അതുകൊണ്ട് മനസ്സുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് അശാന്തമാവും പിന്നെ അതിനെ ശാന്തമാക്കാൻ പറ്റത്തില്ല അന്യമായി മനസ്സില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് സദാശാന്തം തന്നെ പരമമായ ശാന്തിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ആ പരവുമായ ശാന്തി സ്ഥിക്കുന്ന മനസ് ചലിക്കുന്നത് അശാന്തിയല്ല മറിച്ചാണെങ്കിൽ മനസ്സിന്റെ ചലനം അശാന്തിയാണ് യഥാദോ പ്രതിജ്ഞാതം അതോ പക്ഷ്യാമി അകാർപ്പണ്യം അജാതി സമുദാംഗതം ഇതീതം തത് ഉപത്തിത ശാസ്ത്രദശ മുക്തം ഉപസമൂഹീതി പറയുന്നതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെയാണ് പരമാർത്ഥം പക്ഷെ മുമ്പ് പറഞ്ഞതെല്ലാം ആത്മാവിന്റെ സ്വരൂപം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഇപ്പൊ പറയുന്നതെല്ലാം നിലയുള്ള നില എന്നുള്ള നിലയ്ക്കാണ് എന്നുവെച്ചാൽ രണ്ടിനു യോജിപ്പിക്കുകയാണ് ബ്രഹ്മവിത്ത് ബ്രഹ്മഭവതി ബ്രഹ്മവിത്തും ബ്രഹ്മിടെ രണ്ടില്ല ആദ്യം ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു പിന്നീട് ബ്രഹ്മവിത്തിനെ കുറിച്ച് രണ്ടും ഒന്ന് അത് വീണ്ടും ശാസ്ത്രത്തിലൂടെ യുക്തിയിലൂടെ അതിനെ പറഞ്ഞ് ഉപസംഹരിക്കുന്നു നടത്തും അജാതി സമതാംഗതം ഇത്യേതസ്മാത് ആത്മസത്യ അനുബോധ്യ വിഷയം അന്യത് അജാതി സമതാംഗതം എന്ന് പറഞ്ഞു പരമമായ സമത്വത്തെക്കുറിച്ച് പറഞ്ഞു ആത്മനിഷ്ഠയാകുന്ന സമത്വത്തെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ആത്മജ്ഞാനിയുടെ സമത്വത്തെക്കുറിച്ച് പറഞ്ഞു ഇത് എന്താണ് ആത്മസത്യുബോധ ഇതാണ് ആത്മസത്യ സാക്ഷാത്മാനുഭവം എന്നെല്ലാം പറഞ്ഞു ഇതിൽ നിന്ന് അന്യമാണ്യം എന്ന് പറയുന്നത് കർപ്പണ്യം എന്ന് ആത്മബോധം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എല്ലാ സാധ്യങ്ങളും അതിനെല്ലാം ഇവിടെ ചേർത്ത് പറയുന്ന പേരാണ് കാർപ്പണ്യം അത് മറ്റൊന്നാണെന്ന് പറയുന്നു നമ്മുടെ മറ്റു അഭ്യാസങ്ങൾ അതെല്ലാം കാർപ്പണ്യങ്ങളാണ് ശ്രുതിയിൽ വേറെടുത്ത് പറയുന്നു യോഗ വേദന അല്ലയോ ഗാർഗി ഈ തത്വത്തെ അറിയാതെ ഈ ശരീരത്തെ വിട്ടുപോകേണ്ടി വരുന്നവൻ അവനാണ് കൃപണൻ ആ തത്വത്തെ അറിയാതിരിക്കുന്ന അവസ്ഥയാണ് കൃപണൻ ഇവിടെ തത്വത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകൾ ചെയ്തതിനു ശേഷം ആ തത്വത്തെ അല്ലെങ്കിൽ പരമാർത്ഥത്തെ ബോധിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ പരമാർത്ഥമെന്ന് കരുതി അപരമാർത്ഥമായതിനു ബോധിക്കുന്ന അവസ്ഥ അസത്യത്തെ സത്യമെന്ന് ബോധിക്കുന്ന അവസ്ഥ ഇതാണ് കാർപ്പണ്യം ഈ ആത്മനിഷ്ഠ ഒഴികെയുള്ള എല്ലാം കാർപ്പുണ്യമാണ് ഏതു വലിയ ത്യാഗമായാലും ശരി ഏതുവലി യോഗമായാലും ശരി പ്രാപ്യേത് സർവ കൃതകൃത്യോ ബ്രാഹ്മണോ ഭവതി അഭിപ്രായ ഈ അനുഭവം ആത്മനിഷ്ഠ ആത്മാനുഭവം എന്ന് പറഞ്ഞുണ്ടോ ഇതിനെ പ്രാപിച്ചിട്ട് ഇതിനെ പ്രാപിക്കുന്നവൻ കൃതകൃത്യനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സർവ്വകൃത്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നാലും അവൻ കൃതകൃത്യനായിരിക്കുന്നു ചെയ്യേണ്ടതല്ല അവൻ ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാത്തതല്ല അവൻ ചെയ്യുന്നത് അതാണ് കൃതകൃത്യത ബ്രാഹ്മണനായിത്തീരുന്നു ആ കൃതകൃത്യതയെ പ്രാപിച്ചവനാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണത്വം ബ്രഹ്മനിഷ്ഠയെ അവൻ പ്രാപിച്ചിരിക്കുന്നു ബ്രാഹ്മണോ ഭവതി ഇത്യഭിപ്രായ അതാണ് ഇതിന്റെ താല്പര്യം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മസ്വരൂപത്തിലുള്ള സ്ഥിതി ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മനിർവൃതി ബ്രഹ്മനിർവാണം ചെറിയ രീതിയിൽ പറഞ്ഞു ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ തർ ചിന്ത്രമസംസ്ഥം തശമത അസ്പർശയോഗോ വൈ നമ ദുർദർശസോ യപിർ തസ്ൻ കെ മുഹ്യത്തിത്രേ പറഞ്ഞ രീതിയിൽ അതിനെ വിശദീകരിക്കാനുള്ളൂ പറഞ്ഞു വരുന്ന കാര്യങ്ങളിലൂടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കയാണ് അതുകൊണ്ട് പറയുകയാണ് ഇത്രയും വ്യക്തമായി ആചാര്യൻ നമുക്ക് പറഞ്ഞു തന്നു വ്യക്തമായി അത് ബോധിക്കാൻ കഴിയുന്നു എന്നാലും കെ ജിദ് മുഹ്യന്തി പലർക്കും ഇനിയും ഈ വിഷയത്തിൽ മോഹമാണ് ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഇതിനെ കുറിച്ച് അവസാനം പറയാവെന്നുള്ള എന്താണ് ആത്യന്തികമായി പറയാമെന്നുള്ളത് അസ്പർശയോഗവും നാമായ ഇതിന് അസ്പർശയോഗം എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്താണോ നിരവധി യോഗങ്ങളുണ്ട് ഓരോ മാർഗവും ഓരോ യോഗമാണ് കർമ്മയോഗം തന്ത്രയോഗം മന്ത്രയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ഇങ്ങനെ പല യോഗങ്ങളുണ്ട് ഒരു ജീവന് ഒരു യോഗം എന്നുള്ള കണക്കിന് യോഗങ്ങളുണ്ട് പക്ഷെ ഇവിടെ ആചാര്യൻ നമ്മോട് പറഞ്ഞു തരുന്നത് അസ്പർശയോഗത്തെക്കുറിച്ചാണ് അതാണ് അസ്പർശയോഗവും നാമായം ഇതിന് അസ്പർശയോഗം എന്നുള്ള പേരിട്ട് വിളിക്കാം എന്റെ ഒരു പ്രത്യേകതയാണ് എന്താണത് സർവസംബന്ധാഖ്യ സ്പർശ വർജിതത്വ സർവസംബന്ധ അതിനാണ് ഇവിടെ സ്പർശം എന്ന് പറയുന്നത് ആത്മനിഷ്ഠൻ തന്റെ സ്വരൂപസ്ഥിതിയിൽ സർവ സ്പർശങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ തന്റെ സ്വരൂപം നിനയെ സ്പർശിക്കുന്നില്ല പ്രാപഞ്ചികമായി ഒന്നിനു അവനെ സ്പർശിക്കാൻ കഴിയുന്നില്ല എന്ന പ്രാപഞ്ചികമായ എന്തെല്ലാം നമ്മൾ ഒരു ആത്മജ്ഞാനിയിൽ കണ്ടാലും അതെല്ലാം കേവലം കാണുന്നവന്റെ ആരോപിതമാണ് കൽപ്പനകളാണെന്നുള്ള അവനിലൊന്നും നിലനിൽക്കുന്നില്ല അവനൊന്നും സ്പർശിക്കുന്നില്ല സ്പർശ വർജിതത്വ അസ്പർശയോഗം എന്ന് പറയുന്നു ആസ്പർശത എന്ന് പറയുന്നത് ആത്മജ്ഞാനിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് പരമാർത്ഥത്തിൽ തന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ള ആസ്പർശ ബോധം ആ ബോധത്തിൽ ഉണർന്നിരിക്കുന്നവനാണ് തത്വജ്ഞൻ അതുകൊണ്ടതിന് അസ്പർശയോഗം ഇതുവരെ വിശദീകരിച്ചതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം ഇതെന്താണോ ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം ഒരുവനെ ബാധിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് സർവ്വജീവന്മാരെയും പ്രപഞ്ചം അതിനധീനമാക്കി വച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരുവനെ പരമാർത്ഥം ബോധിച്ച ഒരുവന് സ്പർശിക്കാനേ അങ്ങനെ കഴിയുന്നില്ല അതുകൊണ്ട് ഇത് അത്തരത്തിലുള്ള ഒരു യോഗമാണ് നാമവൈസ്മര്യത പ്രസിദ്ധ ഉപനിഷത്ത് ഉപനിഷത്തുകളിലത് പറയുന്നു അവനെ പാപം സ്പർശിക്കുന്നില്ല അവന് പുണ്യ സ്പർശിക്കുന്നില്ല ഇത്തരത്തിലെല്ലാ ഉപനിഷത്തുകളിലത് പറയുന്നു അതാണ് ഇവിടെ ഭാഷകാരനും പറയുന്നത് ഇവിടെ ഗൂഢപാദാചയുറി പറയുന്ന കാര്യം ഉപനിഷ ഋഷിമാർ പറഞ്ഞ കാര്യം തന്നെയാണ് അതിനൊരു പുതിയ പേരിൽ പറഞ്ഞു അസ്പർശയോഗം ഞങ്ങൾ അപ്പൊ യോഗം എന്നത് എഴുതുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചില അഭ്യാസ പ്രകടനങ്ങൾ അതുമായിട്ട് ഇവിടെ പറയുന്ന യോഗത്തിന് യാതൊരു ബന്ധവുമില്ല കായികവും മാനസികവുമായിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനത്തിന് ഇവിടുത്തെ യോഗവുമായിട്ട് ബന്ധമില്ല എന്നർത്ഥം ഇത് സർവസംബന്ധ ശൂന്യതയാണ് ആത്മനിഷ്ഠന്റെ നിലയാണോ ഇത് മുമ്പ് പറഞ്ഞു എന്താണ് അനായാസസ്ഥിതി ഞാനീടെ അനായാസമായ ഒരു സ്ഥിതിയാണ് അസ്പർശ്യത എന്ന് പറയുന്നത് ഏറ്റവും അനായാസമായ കാര്യമാണ് കാരണം സ്വരൂപസ്ഥിതിയാണ് അനായാസമായിട്ടുള്ളത് സ്വരൂപ ചുതി സംഭവിക്കുമ്പോൾ ജീവൻ ആയാസം വരുന്നു അതാണ് സംസാരം അവന് സോതുക്കങ്ങളും മറ്റ് വികാര വിചാരങ്ങളെല്ലാം വരുന്നതാണ് അവന്റെ ആയാസം അവിടെ ആ സ്വരൂപത്തിൽ നിന്ന് അവന് ച്യുതി സംഭവിക്കുന്നു അവൻ മനസ്സിന്റെ തരത്തിൽ ഇന്ദ്രിയങ്ങളുടെ തരത്തിലേക്ക് ബാഹ്യമായ വിഷയങ്ങളുടെ തരത്തിലേക്ക് പോകുന്നു അതായാസമാണ് ഇത് അനായാസമായ സ്ഥിതിയാണ് അനായാസമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല അനായാസമായി വെളിപ്പെടുത്തിയിട്ടും അനായാസമായി അതിനെ ബോധിപ്പിച്ചിട്ടും അനായാസമാണെന്ന് ബോധിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവസ്ഥയിലെത്താൻ കഴിയുന്നില്ല പറയുന്നു ദുഃഖേന ദൃശ്യത ഇതി ദുർദർശ സർവ യോഗിഭീ സർവയോഗികളും യോഗമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സർവ്വരും സർവര് യോഗമാർഗത്തിലാണ് ഏത് ആധ്യാത്മിക സാധന മാർഗത്തിൽ സഞ്ചരിക്കുന്നവനും യോഗമാർഗത്തിലാണ് എന്തുകൊണ്ട് അവൻ ആ ജീവനെ പരനോട് യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് യോഗമെന്ന് പറയുന്നത് എന്തുപായത്തെ സ്വീകരിച്ചാലും ശരി കർമ്മത്തിലൂടെയായാലും മന്ത്രത്തിലൂടെ ആയാലും തന്ത്രത്തിലൂടെ ആയാലും അവന്റെ താൽപര്യം അതാണ് ആ പരമാത്മാവിനോട് തന്നെ ഏകീഭവിപ്പിക്കുക അതുകൊണ്ട് സർവര് യോഗികളാണ് അതുകൊണ്ട് സർവയോഗികൾക്കും ഈ അനാദയാസസ്ഥിതി ദുർദർശനം വളരെ ക്ലിഷ്ടമായി വന്നിരിക്കുന്നു പറയുന്നുണ്ടല്ലോ ഗ്രഹിക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഗ്രഹിച്ചാലും മനസ്സിലാക്കിയാലും അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും അനുഷ്ഠാനം വരെ വന്നാലും അനുഭവത്തിൽ വരുന്നില്ല ഇതാണ് ദുർദർശതാ എന്തുകൊണ്ട് ഇതിന്റെ മാർഗത്തിലല്ല സഞ്ചരിക്കുന്നത് ഇത് ശ്രമിക്കുകയും അവന്റെ ചലനം മറ്റ് മാർഗങ്ങളിലൂടെയാണെങ്കിൽ അത് ദുരദർശൻ തന്നെയാണ് ഇത് ശ്രവിക്കുന്നവൻ ഇതിൽ തന്നെ ചലിക്കണം അല്ലെങ്കിൽ ദുരദർശനമായി തന്നെ തീരും അതുകൊണ്ട് സർവർക്കും സർവസാധകന്മാർക്കും ഇതിങ്ങനെ അനുഭവപ്പെടുന്നു അതേസമയം സത്യനിഷ്ഠനാണെങ്കിലോ അത് അനുഭവപ്പെടുന്നു അവൻ അസ്പർശയോഗത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സർവരെയും ചേർത്ത് പറയുന്നു ദുർദർശ സർവയോഗിഭീ എന്ന് പറയുമ്പോൾ വേദാന്തവിഹിത വിജ്ഞാനരഹിതീ ശ്രുതിബോധിപ്പിച്ച ഈ വിജ്ഞാനത്തെ അനുഭവജ്ഞാനം വിജ്ഞാനം അതില്ലാത്തവനും സ്വരൂപജ്ഞാനമാണ് അനുഭവജ്ഞാനം ആ അനുഭവജ്ഞാനം ഇല്ലാത്തവനും ആത്മസത്യ അനുബോധ ആയാസ ലഭ്യേവത്മസത്യാനുബോധം ഇതിനുള്ള ആയാസം എന്താണ് ഈ അനായാസസ്ഥിതിയിൽ എത്തിച്ചേരുന്നതിനുള്ള ആയാസം അതിത്രേ ഉള്ളൂ അതിനെ നമുക്ക് പറയാം ആത്മസത്യാനുബോധം ആത്മസത്യാനുബോധം എന്ന് പറയുന്ന ഈ ഒരു ആയാസമേ എവിടെയുള്ളൂ മറ്റായാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് പറയുന്നു ആത്മസത്യ അനുബോധമാകുന്ന ആയാസം അല്ലെങ്കിൽ ആത്മസത്യാനുബോധത്തിൽ സ്ഥിതി ചെയ്യുന്നതിനുള്ള ശ്രവണ മനനങ്ങൾ അതുമാത്രമേ അവിടെ ആവശ്യമായിട്ടുള്ളൂ എന്നാലും അത് ദുർദർശമായി തന്നെയിരിക്കുന്നു യോഗിനോ ബിഭ്യദിഷ്യാസ്മ എല്ലാ സാധകന്മാരും ഇതിനെ ഭയപ്പെടുന്നു അവന്റെ സംസ്കാരം ആണ് അവനെ ഭയപ്പെടുത്തുന്നത് ഇതിനനുകൂലമല്ലാത്ത സംസ്കാരം ഭയപ്പെടുത്തുന്നു അതാണ് യോഗിനോ ബിഭ്യരിഷ്യസ്മ സർവഭയവർജിതാതപ്പി ആത്മനാശരൂപം ഇമം യോഗം മന്യമാന ഭയം കുറുവന്തി ഇത് വാസ്തവത്തിൽ സർവഭയവർജിതമാണ് പക്ഷേ അതിനെ ഭയക്കുന്നു ഇതിലും സ്വനാശത്തെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ യോഗ യോഗിയും ഓരോന്ന് നേടാൻ ആഗ്രഹിക്കുന്നു ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ നേട്ടങ്ങളിൽ പ്രതീക്ഷയുണ്ട് ഇവിടെ പറയുന്ന ആത്മലാഭം പോലും അവനൊരു വലിയ നേട്ടമായിട്ടാണ് കാണുന്നത് ഇവിടെ പറയുന്ന നിരായാസസ്ഥിതി അതിനവനൊന്നും നേടാനില്ല അവിടെ പിന്നെ അവൻ കാണുന്നത് എന്താണ് താൻ എന്തൊക്കെയാണോ ആധ്യാത്മിക സാധനയിലൂടെ നേടേണ്ടത് അതെല്ലാം ഇവിടെ വന്നാൽ നഷ്ടപ്പെടും നമുക്ക് മാനസികമായ ശ്രദ്ധികൾ ശക്തിവിശേഷങ്ങൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഇതിനെല്ലാം ഇവിടെ നിരാകരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരുവൻ ആഗ്രഹിക്കുന്നത് ജപവും തപവും ഒക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ഇവിടെ അങ്ങനെ ഒന്നും നേടാനില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് നഷ്ടബോധം കൊണ്ട് അവൻ ഭയക്കും എന്നാണ് ഇതൊന്നുമില്ലാതെ പിന്നെ താനില്ല അങ്ങനെയാണല്ലോ കരുതുന്നത് തന്റേതായതൊന്നുമില്ലാതെ താനില്ല മനുഷ്യനെങ്ങനെയാണ് ആത്മഹത്യ തന്റെ സ്വത്തില്ലെങ്കിൽ താനില്ല തന്റെ ബന്ധുബലമില്ലെങ്കിൽ താനില്ല തന്റെ യശസ് നഷ്ടപ്പെട്ടാൽ താനില്ല ഈ തരത്തിൽ തന്നോട് ബന്ധപ്പെട്ടതിന്റെ നാശത്തിൽ തന്റെ നാശത്തെ കാണുകയാണ് സാധകനും അങ്ങനെ തന്റെ നേട്ടങ്ങളുടെ അഭാവത്തിൽ താനില്ല അതിനെ ഭയങ്കര ഇതൊന്നുമില്ലാത്തവരുത്താൻ അതാർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും താൻ നേടിയ നേട്ടങ്ങളില്ലാത്തവരുത്താൻ അതിനെ കുറിച്ച് ആർക്കും സങ്കല്പിക്കാൻ പയ്യ ഈ നേട്ടങ്ങളോട് കൂടിയേ തന്നെയാണ് ആഗ്രഹിക്കുന്നത് താൻ നേടുന്നതെല്ലാം ഭൗതികമാണ് നേടുന്നതെല്ലാം ചിത്തസ്പന്ദനത്തിന്റെ ഭാഗങ്ങളെയാണ് തുര്യനെ അതുകൊണ്ട് തന്റേതായ എല്ലാത്തിന്റെയും നാശം തന്റെ നാശമായി കണ്ടുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് ആത്മനാശരൂപം ആത്മനാശത്തെ അവൻ കാണും അതുകൊണ്ട് അവൻ ഭയക്കുന്നു ഇമം മന്യമാന ഭയം കുറുവന്തി അവൻ ഭയക്കുന്നു അതുകൊണ്ട് ഈ അനായാസമായ സഹജസ്ഥിതിയിലേക്ക് ആർക്കും താൽപ്പര്യം ഉണ്ടാകുന്നില്ല അവൻ വീണ്ടും ക്ലിഷ്ടമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു കഠിനമായത്തെ ബസുകളോ യോഗ മാർഗങ്ങളോ മറ്റുപായങ്ങളോ അവൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു അസ്പർശ യോഗത്തെ അവൻ യോഗങ്ങളെല്ലാം ആവശ്യമുണ്ട് അവരെക്കുറിച്ച് എന്താണ് കുടാചാര്യൻ വിലപിക്കുകയാണ് കഷ്ടം അഭയേ ഭയദർശിന അസ്മിൻ ഭയദർശിന അഭയരൂപത്തിനും ഭയത്തെ കാണുന്നു എന്ത് പറയാനാണ് പറയുള്ളു കരതല്ല ആമലകം പോലെ സത്യത്തെ വെളിപ്പെടുത്തിയാലും അവനെന്ത് ചെയ്യുന്നു അവനെ തട്ടിക്കളയുന്നു അതവൻ ആവശ്യമില്ല എന്ന് കരുതുന്നു അഭയത്തിനും അവൻ ഭയം ദർശിക്കുന്നു അഭയത്തിന് ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്നാലും ആചാര്യൻ പറയുന്നു ആചാര്യൻ സ്വന്തം അനുഭവത്തെ മുൻനിർത്തി പറയുകയാണ് താൻ ആഭയസ്ഥിതിയിലാണ് അഭയം എന്താണെന്ന് തനിക്ക് മനസ്സിലായി പക്ഷേ കേൾക്കുന്നവനത് ബോധിക്കുന്നില്ല അവൻ അതിനെയും ഭയമായി കാണും ഭയനിമിത്ത ആത്മനാശദർശനശീല അവിവേകനീക്കെത്ത ഇവിടെയെല്ലാം എന്താണ് അവൻ തന്റെ നാശത്തെ കാണുന്നു തന്റേതായ തന്റെ സമ്പാദ്യങ്ങളുടെ നാശത്തിലൂടെ തന്റെ നാശത്തെ കാണുന്നു എന്നാണ് അതുകൊണ്ടാരും ഈ സ്വരൂപസ്ഥിതിയിൽ നിലനിൽക്കുന്നില്ല ആ സ്വരൂപസ്ഥിതി ആഗ്രഹിക്കുന്നില്ല മറ്റ് സാധനാ മാർഗങ്ങളിൽ മനുഷ്യൻ മുഴുകിയിരിക്കുന്നു എന്നാണ് എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണോ ഭൗതികമായിട്ടുള്ളൊരു വിടാ അവൻ അജ്ഞനായി സത്യവും അസത്യവും എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാതെ അത്രയൊരു ജിജ്ഞാസ കൂടാതെ അവൻ ജായസ്വ മറിയസ്വ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു തൃതീയം സ്ഥാനമെന്ന് പറയുന്നു അവനേതെങ്കിലും ഒരു ജന്മത്തിൽ ചെറിയൊരു വിപയോഗം വന്നു അവൻ ആധ്യാത്മിക മാർഗത്തിലേക്ക് തിരിയും അതുവരെ അവനെ സംബന്ധിച്ചിടത്തോളം അവിവേകജന്മ അതിനെ മാറ്റിവെക്കാം പക്ഷേ വിവേകം ഉള്ളിൽ ഉദിച്ച് ആത്മലാഭത്തെ ആഗ്രഹിക്കുന്നവൻ പോലും പറയുന്നു ഭയദർശികളായിട്ടാണ് ജീവിക്കുന്നത് ഭയദർശികളായിട്ടാണ് അവന്റെ മാർഗത്ത് സഞ്ചരിക്കുന്നത് എന്താ അതിന് കാരണം സംസ്കാര ഭേദം കൊണ്ട് ഓരോരുത്തരും ഇരിക്കുന്ന സംസ്കാരത്തിനനുസരിച്ച് അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നു സംസ്കാരത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് പറഞ്ഞിട്ടുണ്ടെന്നാണ് നിഗ്രഹക്കും കരിശേരി ആ സംസ്കാരത്തെ നിഗ്രഹിക്കാൻ അവന് കഴിയില്ല പറയുന്നുള്ളത് നിഗ്രഹിക്കാൻ എനിക്കേ കഴിയത്തുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ആ സംസ്കാരത്തിനനുസരിച്ച് അവൻ പോകുമ്പോൾ സംസ്കാരത്തിനനുസരിച്ചുള്ള മാർഗങ്ങളൂടെ സഞ്ചരിക്കുന്നു ഇവിടെ ആചാര്യൻ വെളിപ്പെടുത്തുന്ന ഈ മാർഗം ഇതിന് രാജമാർഗം എന്ന് പറയാൻ പക്ഷെ ആ മാർഗത്തിൽ ഇതിനും അവൻ അപകടത്തെ കാണുന്നു അപ്പോ പൂരിട്ടത്ത് ദുർഘടമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ശീലിച്ചവന് വെളിച്ചമുള്ള രാജവീതിയിലേക്ക് കടക്കാൻ ഭയമായിരിക്കും എന്താണോ അവൻ ചിന്തിക്കും ആ വഴിയിൽ കൂടി സഞ്ചരിക്കാൻ ഞാൻ യോഗ്യനാണോ അത് രാജാവ് സഞ്ചരിക്കേണ്ട മാർഗമല്ലേ ഞാൻ ഇങ്ങനെയൊരു ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഇതിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളുണ്ടായാലും ഞാൻ ഈ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് അവനങ്ങ് തീരുമാനിക്കും യഥാർത്ഥ മാർഗത്തെ സംബന്ധിച്ചെന്താണോ അത് അഭയമാണെങ്കിൽ അവനവിടെ ഭയത്തെ ദർശിക്കുന്നു അത് തനിക്ക് അന്യമാണെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇതാണ് ഓരോരുത്തേയും സംസ്കാരമനുസരിച്ച് ഓരോരുത്തേയും വികാര വിചാരങ്ങൾ അതുകൊണ്ട് നാനാം മാർഗങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിന്റെ മാർഗത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രകടനത്തെവിടെ അവസാനിപ്പിക്കാൻ തുടങ്ങുന്നത് സർവരും അഭയത്തിൽ ഉഭയത്തെ ദർശിക്കുന്നവരാണ് ആരും തന്നെ അഭയത്തിന്റെ മാർഗത്തെ സ്വീകരിക്കുന്നില്ല അഭയപ്രതിഷ്ഠ അഭയത്തിൽ ആരും തന്നെ പ്രതിഷ്ഠിതരായിത്തീരുന്നില്ല അതിന് ആചാര്യ അവസാനം പറയും എന്താണോ ഇത് ആ മായയുടെ ശക്തിയാണ് െ വട്ടം ചുഴറ്റുന്നതുകൊണ്ടാണ് അവൻ ശരിയായ മാർഗത്തിൽ കയറാതെ മറ്റു ദുർമാർഗങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നു